കഷ്ടപ്പാടുകൾ അവനെ ബാധിച്ചതിനു ശേഷം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാരുണ്യം അവനെ നൽകിയാൽ അവൻ പറയും ഇതെനിക്ക് ലഭിച്ചതാണ് അന്ത്യസമയം സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ എന്റെ രക്ഷിതാവിങ്കിലേക്കുമടങ്ങിപ്പോയാൽ തീർച്ചയായും അവിടെ എനിക്ക് ഏറ്റവും നല്ലത് ലഭിക്കും എന്നാൽ സത്യനിഷേധികൾ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് നാം അവരെ അറിയിക്കുകയും അവർക്ക് കഠിനമായ ശിക്ഷാസ്വാദനം നൽകുകയും ചെയ്യും